വിശ്വാസികളായ പുരുഷന്മാരോട് പറയുക അവർ തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുകയും തങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യട്ടെ അത് അവർക്ക് കൂടുതൽ പരിശുദ്ധമായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അല്ലാഹുസുബാനഹുവാല സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു